അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അത് ചെളി നിറഞ്ഞ ഒരു നീരൊറവയിൽ അസ്തമിക്കുന്നതായി അവൻ കണ്ടു അവിടെ ഒരു ജനവിഭാഗത്തെയും അവൻ കണ്ടു നാം പറഞ്ഞു ഹേ ദുൽഖർനൈൻ ഒന്നുകിൽ നീ അവരെ ശിക്ഷിക്കുക അല്ലെങ്കിൽ നീ അവരിൽ നല്ല രീതി സ്വീകരിക്കുക